ആദരവ മാസത്തിനു പകരം മാസവും വിശുദ്ധമായ കാര്യങ്ങൾക്കു പകരം വിശുദ്ധമായ കാര്യങ്ങളും പ്രതിഫലമായി നൽകാം അതിനാൽ ആരെങ്കിലും നിങ്ങളോട് അതിക്രമം കാണിച്ചാൽ അവർ നിങ്ങളോട് കാണിച്ച അതേ രീതിയിൽ നിങ്ങൾ അവരോടും അതിക്രമം കാണിക്കുക നിങ്ങൾ അള്ളാഹുസുബഹാനുഹൂവത്ത് ആലാവിനെ ഭയപ്പെടുക തീർച്ചയായും അള്ളാഹുസുബഹാനുഹൂവത്ത് ആല ഭയഭക്തിയുള്ളവരോടൊപ്പമാണെന്ന് നിങ്ങളറിയുക